ിൽ പേപ്പർ വെച്ച് വായിക്കുമ്പോ അതേ അകല അവന്റെ തലയുടെ പുറകിൽ നിന്ന് പുറകോട്ട് വെച്ചിട്ട് മുമ്പിലുള്ളൊരു കണ്ണാടിയിൽ കാണിച്ചാൽ ഈ അകലത്തിന്റെ ഇരട്ടിയാണ് അവിടെ കാണുക എന്നിട്ട് എങ്ങനെയാണ് കാണിന്റെ കാഴ്ച നിശ്ചയിക്കുക ഇതില്ല ഇവിടെയൊക്കെ ശാസ്ത്രത്തിന് അറിഞ്ഞോ അറിയാതെയോ അന്ധവിശ്വാസം വന്നു ചേരുന്നുണ്ട് പലപ്പോഴും സൈഡിൽ രണ്ട് മെറും നല്ല പരിചയം വരുന്നതിന് മുമ്പ് മെഡലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരിക്കും കാരണം നിങ്ങൾ കാണുന്നതിനേക്കാൾ അടുത്താണ് വസ്തു നിങ്ങൾ മിഡലിൽ കാണുന്ന അകലത്തിലല്ല വസ്തു പുറകുന്നത് വസ് ബ്രേക്ക് മറ്റും അപ്ലൈ ചെയ്യുമ്പോ വണ്ടി ഒന്ന് മുതിർത്ത് കയറും കാരണം നിങ്ങൾ ഹർസാഡ് വേസ് ബ്രേക്ക് അപ്ലൈ വണ്ടി അകലെയാണെന്ന് വിചാരിച്ചാൽ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പോ അവൻ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്ന സമയം കൊണ്ട് വണ്ടി നിങ്ങളുടെ വണ്ടിയുടെ മുതൽ കയറി അപ്പുറത്തെത്തും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ഈ മലയാളികൾ സർവജ്ഞന്മാരാണ് ബ്രോഷർ വായിച്ച് നല്ലപോലെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യല കാരണം നമുക്കൊരു ഉപകരണം കിട്ടിയാൽ ട്രയൽ മതയുടെ രണ്ട് ഉപകരണം കളഞ്ഞാലും വേണ്ടിയില്ല അങ്ങനെ പഠിക്കും നിർബന്ധമുള്ളവരാണ് മിക്സിയും ഗ്രൈൻഡറും ഫ്രിഡ്ജും ഫ്രീസറും ഏത് സാധനം വീട്ടിൽ കൊണ്ട് മേടിച്ചുകൊണ്ട് കൊടുത്തു ആദ്യമായിട്ട് കാണുന്ന പെണ്ണിനാണെങ്കിലും ഓപ്പറേഷൻ തുടങ്ങിയാൽ ആ ബ്രോഡ്സൊന്നും വായിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ടുവരുന്ന വൈകല്യങ്ങൾ വളരെ കൂടുതലാണ് അതിനകത്ത് വെക്കരുതെന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും അതിനകത്തോട്ട് കയറ്റി കൊടുത്തു ചില പഴങ്ങൾ അതിൽ വെക്കരുതെന്നുണ്ടാവും പ്രഷർ കുക്കറൊക്കെ മേടിച്ചോണ്ടിരുമ്പോഴാണ് ഇത്രയെ ഇന്നലടിക്കാവും ഉണ്ട് അതിനകത്ത് തന്നെ ആദ്യം പായസം എന്നിട്ട് രണ്ടടി കൂടുതലടിക്കും കാരണം അതിലൊക്കെ കയറി പറഞ്ഞു രണ്ടടി കൂടുതലടിക്കും അതിനകത്ത് ടപ്ലോൺ മുഴുവൻ ഉരുകും ടപ്ലോൺ ഉരുക്കി മഞ്ഞ എന്നിട്ട് ഭർത്താവിനും മക്കൾക്കും ടഫ്ലോണിന്റെ മഞ്ഞ നിറത്തിലുള്ള പായുസം കൊണ്ട് കൊടുത്തിട്ട് പറയും അമ്പലപ്പുഴ പാൽപായുധം അമ്പലപ്പുഴയിലെ പാൽപായുധം ഓട്ടുരുളിയിൽ ഇളക്കി ഇളക്കി വരുന്ന സാധനം പ്രഷർ കുക്കറിൽ മൂന്നടിക്ക് വേണ്ടത് അഞ്ചടിക്ക് വെന്തിട്ട് പാൽ ഒഴിച്ച് മഞ്ചാരയിട്ട് അഞ്ചടിക്ക് വെന്തിട്ട് മഞ്ഞ കാണുമ്പോൾ അതിന്റെ അകത്തുണ്ടായിരുന്ന ടഫ്ലോൺ മുഴുവൻ പോന്നു അത് വിഷമായി അതടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി ലിവർ ടോക്സിക്കായി അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാ പൊതുവെ ആളുകൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു ഈ പ്രഷർ കുക്കർ പായത്തം ഇല്ല ഉണ്ടാക്കാറുണ്ട് ഉണ്ട് അവിടെ ഇനി മോലി പറയുമ്പോ ഞാൻ ഉണ്ടാക്കാറില്ലെന്ന് പറയാവതുകൊണ്ട് കോശ പരീക്ഷണത്തിൽ ഏർപ്പെടുന്നവന്റെ മനസ്സ് കോശത്തെ പരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മമാവിനികളിൽ നിന്ന് കോശത്തിലേക്ക് വരുന്ന വിവിധ തരം കോശത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ജീവനുള്ള ഒരു കോശത്തില് ഒരു സൂക്ഷ്മമാവിനിയുടെ പ്രകാശം കടന്നു കോശം അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ ആ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ ഇവ കോശത്തിലേക്ക് സംക്രമിക്കുന്നതും കോശാന്തരത്തിൽ സ്വയമേവ സംജാതമാകുന്നതുമായ വിദ്യുത്കാന്തിക ക്ഷേത്രങ്ങളും അവയുടെ പ്രതികരണങ്ങളും വിശ്വാസങ്ങളും യുക്തികളും മാറി പ്രവർത്തിക്കുന്ന പരീക്ഷകൻ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ ശ്രദ്ധയിൽ ഉണ്ടാകുന്ന പരിണാമഭേദങ്ങൾ ഇവയെല്ലാം സൂക്ഷ്മ പഠനങ്ങളുടെ നിയമത്തിന് ബാധകമാണ് അതുകൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ചറിയേണ്ടതല്ല വൈദ്യശാസ്ത്രം എല്ലാ തരത്തിലും അവദ്ധ പഞ്ചാംഗമാണ് ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്നുള്ളത് സ്പഷ്ടമാണ് ഒന്ന് പരീക്ഷിക്കുന്നവൻ്റെ മനസ് രണ്ട് പരീക്ഷിക്കുന്ന കാലം മൂന്ന് പരീക്ഷിക്കുന്ന ദേശം നാല് പരീക്ഷണ വേളയിൽ ഉപയോഗിക്കുന്ന മാവിനിയിൽ നിന്ന് വരുന്ന വിവിധ കാരണം പലതരം സെല്ലുകൾ ഉപയോഗിച്ചും പലതരം സങ്കേതങ്ങൾ ഉപയോഗിച്ചും നടത്തുന്ന പരീക്ഷണത്തിൽ അതിലേക്ക് കിടന്നു വരുന്ന പ്രകാശത്തോട് കോശകേന്ദ്രവും കോശദ്രവവും കോശ സംയോഗവുമെല്ലാം അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ ഒട്ടേറെ പ്രതികരണങ്ങളെ ഉണ്ടാക്കും ആ പ്രതികരണങ്ങളെല്ലാം അതിൽ സ്വയമേവ സംജാതമാകുന്ന വിദ്യുത്കാന്തിക ക്ഷേത്രങ്ങൾക്ക് കാരണമായി തീരും ഇവയെല്ലാം ഒരു പരീക്ഷകൻ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ ശ്രദ്ധയിൽ ഉണ്ടാകുന്ന അവയെല്ലാം സൂക്ഷ്മ അനിശ്ചിതത്വ നിയമത്തിന് ബാധകമാക്കും അവന്റെ ഈ പരീക്ഷണങ്ങളെ ഒന്നും അവലംബിച്ച് തീരുമാനമെടുക്കുന്നത് ശരിയല്ല ഇവയെ വെച്ചുകൊണ്ട് അടു മരിച്ചുവെന്നും ആട് മരിക്കുമെന്നും ഈ രോഗം മരണകാരണമാണെന്നും ഒക്കെ വിശ്വസിച്ച് ബന്ധുക്കളും ഈ പരീക്ഷകനും ഈ നിധാരണകാരനും എല്ലാം ചേർന്ന് സത്യത്തിൽ കൊല്ലുക മാത്രമാണ് കൊലയാളികളുടെ ഒരു സങ്കേതമായി ഈ രംഗം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പഠനങ്ങളില്ലാത്തതുകൊണ്ട് ഒട്ടു വളരെ അതിശയുദ്ധി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് ഈ ശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും അവരെ കൂട്ടുപിടിക്കാൻ ആളുകളെ കൂട്ടിക്കൊടുത്ത കൂട്ടിക്കൊടുപ്പുകാരായ ബന്ധുക്കൾ എത്ര ആയിരങ്ങളെ കൊന്നു രക്തക്കര പുര കൊള്ളാത്ത മരണത്തിന്റെ ഉത്തരവാദിത്വം മണക്കാത്ത മനസ്സുമുള്ള ഏത് ബന്ധുവുണ്ടാവും ഇന്നിന്തില്ല ഞാനാണ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞാനാണ് ഈ പരീക്ഷണമെല്ലാം വേണമെന്ന് പറയുന്നത് എന്റെ കൈന്നല്ല പണം അവൻ ഇത്രയും കാലം അധ്വാനിച്ചതാണ് മേടിച്ചു കൊടുക്കുന്നത് മനസ്സിലായില്ല അവന്റെ പണവും പിടിച്ച് കൊടുത്ത് ഞാൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് ഈ പരിപാടി എല്ലാം നിന്റെ മൃത്യു അടുത്തിരിക്കുന്നു അവനെ ബോധ്യപ്പെടുത്തി ഞാനും ഞാൻ ആരെ കൂട്ടിക്കൊടുത്തുവോ അവരെയും ചേർത്ത് അവനെ കൊന്ന് അവന്റെ അടിയന്തരവും ഉണ്ട് സന്തോഷിച്ച് നടക്കുന്ന ബന്ധുക്കൾ നിങ്ങളീ എവിടെ പോയി കഴിയും കളയും ആയില് ഇല്ല കലയിലും ഇതില്ല അവശ്യം ശ്രമിച്ചാൽ കൊലപാതകികൾ ഒരു നോവൽ തന്നെ എഴുതാം ഒരർത്ഥത്തിൽ ഇന്നത്തെ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ബന്ധുക്കളും എല്ലാ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികളാണ് പ്രസന്ധമായ മരണം വിധിക്കുന്നത് പോലും ഈ കാലഘട്ടത്തിൽ മറ്റതിനേക്കാൾ ഉത്തമമാണ് ഇതിനൊക്കെ ഞാൻ അവലംബിച്ചത് നിലവിലിരിക്കുന്ന ശാസ്ത്രങ്ങളെ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാവുന്നത് ഞാൻ ഏതെങ്കിലും പഠിച്ച വിശ്വാസത്തെ പിടിച്ചല്ല ഇത് സ്ഥാപിക്കാൻ ഒരുങ്ങിയത് അതിന്റെ അടിസ്ഥാനം നിങ്ങൾ എവിടെ നിന്ന് രൂപപ്പെടുത്തിയോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞതല്ല സമഗ്രതയിലെ സ്വച്ഛന്തതയിൽ നിന്ന് സമഗ്രതയെ കളഞ്ഞ് കലനത്തിലൂടെ പഠനം പുരോഗമിക്കുമ്പോൾ ഇൻഡഗ്രൽ കോയഫിഷൻ്റുകൾക്ക് പകരം ഡിഫറൻഷ്യൽ കോയോഫിഷ്യൻ്റുകളെ വെച്ച് പഠിക്കുമ്പോൾ അതാണ് സമഗ്രവും കലനവുമായ രണ്ട് മാതൃകകൾ പഠനം പുരോഗമിക്കുമ്പോൾ ഉള്ളവാകുന്ന പാർശ്വവീക്ഷണങ്ങളും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് ആൻഡ് നെഗറ്റീവ് സ്റ്റഡീസ് ഇതിലെ ഒന്നിനെ ആസ്വദമാക്കി വരുമ്പോൾ ഉള്ളവാകുന്ന ചാർജുകൾ ധരണാത്മകവും ധനാത്മകവുമായ രണ്ട് ചാർജുകൾ തെറ്റിദ്ധാരണാജനകങ്ങളായ ചിത്രങ്ങൾ സ്കാനറുകളിലൂടെ യു എസ് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നടത്തുന്ന യു എസ് ഹാർഡ് എക്സ് സോഫ്റ്റ് ഉപയോഗിച്ച് നടത്തുന്ന സിറ്റി മാഗ്നറ്റിക് റെസ്പോണൻസ് ഇമേജിംഗ് ഉപയോഗിച്ച് നടത്തുന്ന എം ആർ ഐ ടെക്നീക് ഉപയോഗിച്ച് നടത്തുന്ന പറ്റ്ക്ലിയസ് വിഭജനം നടത്തിയ ചാർജ് എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായും തോന്നില്ല ഒരു പദാർത്ഥം എടുത്ത് ഇലക്ട്രോൺ വളയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്ത് ചാടിച്ചാൽ അത് ചാർജ് ആണ് ചാടിയത് നെഗറ്റീവും മനസിലായില്ല ആ ചാർജ് പോലും ഒട്ടേറെ പരിണാമം ഉണ്ടാക്കും അതിൽ നിന്ന് ന്യൂക്ലിയർ വിഭജിച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ പ്രോട്ടോണും പോസിട്രോണും ന്യൂട്രോണും വിഭജിച്ചാൽ പോസിട്രോൺ ഒരു വസ്തുവിൽ നിന്ന് എമിറ്റ് ചെയ്ത് ആ റെ ഉപയോഗിച്ച് ശരീരത്തിലെ ൂക്ഷ്മ കോശങ്ങളുടെ കലനാവൈഭവത്തെ ഒരാൾ പഠിക്കുമ്പോൾ അതെത്രയായിരം കോശങ്ങളെ നശിപ്പിക്കില്ല പരീക്ഷണ വേളയിൽ തന്നെ ജനിതക സ്മൃതികളുടെ എത്ര അന്തസ്ഥ അത് വ്യാപിക്കില്ല എന്തിനാണ് ഇത് ചെയ്യുന്നത് ചികിത്സക്കല്ല കണ്ടുപിടിക്കാൻ എനിക്ക് വേദനയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ കണ്ടുപിടിക്കാൻ ിൽ അവിടെ എന്തോ തടയുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ മാത്രവുമല്ല നാളെ ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതും റെപ്പുകൾ ഇല്ലാത്തതും ഫാർമസികൾ ഇല്ലാത്തതുമായ ഒരു ലോകത്ത് നിങ്ങളുടെ അറിവുകൾ അറിവുകൾ അത് മനസ്സിലായില്ല ഒരു മലമുകളിൽ വണ്ടിയോടാത്തിനകത്ത് ഉണ്ടാക്കി വെച്ച മരുന്നുകൾ എത്താത്തിനകത്ത് ആധുനിക വിധാന പ്രക്രിയക്ക് പറ്റിയ ഉദ്പകരണങ്ങൾക്കെല്ലാത്തിനത്ത് പതിനഞ്ചു അറുപത് ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിച്ച നമ്മുടെ ഈ ഗജകേസരികൾ എഴുന്നള്ളത്തിനും പോകാതെ തടിയും വരിക്കാത്ത കൊമ്പനെ വളർത്തുന്നത് പോലെ ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതാ ശരി ചോദ്യം നിങ്ങളാലോചിക്കും ഇതാ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു നാട്ടും പുറത്തുകാരൻ ഇത്രയൊന്നും പഠിക്കാതെ ഒരു മുറി ഒരു മഴ ഒരു കുരു പൊട്ടിക്കാനോ ഇതിനേക്കാളെങ്കിലും പ്രയോജനപ്പെടുമായിരുന്നു അവൻ പോയി നന്ദിയാറോട്ടത്തിന്റെ വേവിച്ച് ആ കുരുവിന്റെ മോട്ടത്തിലേക്ക് എടുമ്പോ അവന് ചീറ്റി പോകുവായിരുന്നു കഞ്ഞിവെള്ളം തോറെ തോറെ പരടിയാൽ കൊടുമായിരുന്നു റെപ്രസെന്റേറ്റീവ് ഒന്ന് പഠിപ്പിച്ചാല് കമ്പനി മരുന്ന് വിളിച്ചാല് കമ്പനി ഇറക്കിയാല് ഈ ഉപകരണങ്ങളൊക്കെ വന്നാല് ഞങ്ങൾ പ്രവർത്തനക്ഷമമാകൂ ഇത്രയും ലക്ഷം പഠിച്ചിട്ടും അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചതും അടവിരിച്ചു കൊണ്ടുവന്നതും മനസ്സിലാകാൻ ഇനിയും കാലം എടുക്കും എനിക്ക് തോന്നുന്ന മരുഭൂമിയിലെ ശബ്ദം പോലാകുമോ എന്നറിയില്ല അയകൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് പറയുകയാണെന്നൊരു ചാരിതാർത്ഥ്യമുണ്ട് അവർ പോകുമ്പോൾ വസ്തുവിനെ വസ്തുവിന്റെ നിഴലുകളിൽ നിന്ന് പഠിച്ച് വസ്തുവിനെ വസ്തുവിന്റെ നിഴലുകളിൽ നിന്ന് പഠിച്ച് വസ്തുവിനെ പഠിച്ചു എന്ന അഭിമാനം മുമ്പിൽ നിൽക്കുന്നവന്റെ നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കിയാൽ അറിവ് കിട്ടുകയെന്നും ഇത്തരത്തിലെടുത്ത് അവന്റെ പടത്തിന്റെ നെഗറ്റീവിൽ നിന്ന് അറിവ് കിട്ടുമെന്നും അവൻ വിശ്വസിക്കുക അവനെ വിശ്വസിപ്പിക്കുക കൂടെയുള്ളവരെ വിശ്വസിക്കുക സ്വയം വിശ്വസിക്കുക ചികിത്സിക്കുക എത്ര കാലമായി നിങ്ങളീ സത്യത്തിന് നേരെ കങ്ങളട ശ്രമിക്കുന്നു ക്ഷേത്രം അധ്വാനിക്കാതെ കിട്ടിയ നോട്ട് ചെലവാക്കുമ്പോൾ ഒരു സന്തോഷം ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം വസ്തുവിന്റെ യഥാർത്ഥ സ്വരൂപമാണെന്ന് കരുതി വസ്തുവിൽ നടത്തുന്ന പരീക്ഷണങ്ങളുടെ അവ്യക്തതയെയാണ് സൂചിപ്പിക്കുന്നത് ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എത്രത്തോളം ശരിയെന്നതിനേക്കാൾ എത്രത്തോളം ജനതയെ തെറ്റാണെന്ന് പഠിപ്പിക്കുകയാണ് ഇന്ന് അനിവാര്യമായത് അറിവുള്ളവർ ചെയ്യേണ്ടതും അതാണ് ഇതെല്ലാം എത്ര പഠിക്കേണ്ടത് എത്ര തെറ്റാണെന്നുള്ളതാണ് പഠിക്കേണ്ടത് കാരണം ഈ രംഗത്ത് പോലും വലിയ തെറ്റാണ് മനസ്സിലായില്ല ചെറിയ ശരികളൊന്നും വലിയ ശരികളാവില്ല അതുകൊണ്ട് തന്നെ ഇവയുടെ ശരിയെ കുറിച്ചുള്ള പഠനങ്ങളെക്കാൾ നമുക്ക് ആവശ്യം അവ എത്രത്തോളം തെറ്റായിരുന്നു എന്നുള്ളതാണ് അതാണ് പഠിക്കേണ്ടത് തെറ്റായ നിഗമനങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ശരിയുടെ സ്വഭാവം നൽകുന്നുവെങ്കിൽ അത് ഉളവാക്കുന്ന ഭയവും ഉത്കണ്ഠയിൽ എത്ര ഭയാനകമാണ് മനസ്സിലായില്ല തെറ്റായ നിഗമനങ്ങൾ ശരിയുടെ ഭാവം കൈക്കൊണ്ടാൽ അതുളവാക്കുന്ന ഭയം വളരെ സങ്കീർണ്ണമാണ് അതുകൊണ്ട് തന്നെ ഉത്കണ്ഠയും ഭയവും പോകണമെങ്കിൽ ഇതിലെ തെറ്റിനെയാണ് ശരിയെ കളരെ പഠിക്കേണ്ടത് അങ്ങനെയെങ്കിൽ പലപ്പോഴും തെറ്റിനെ ശരിയെന്ന് ജൽപ്പിക്കുന്ന ഒരു മാതൃകയെ എങ്ങനെയാണ് നിങ്ങൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ശാസ്ത്ര ലോകം ഇന്ന് തെറ്റുകളെയാണ് അഥവാ അന്ധവിശ്വാസങ്ങളെയാണ് ശരിയെന്ന് ജനിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ ശരീരത്തിലെ ഓരോ പരിണാമത്തെയും അർബുദത്തിലേക്കുള്ള പരിണാമം എന്ന് വിശ്വസിക്കുവാൻ പാകത്തിനുള്ള പ്രചാരണങ്ങളിൽ പെട്ടുപോകാതിരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകമായ സ്വഭാവങ്ങളോ അടിസ്ഥാനമോ ഇല്ലെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഓൺ ദർ ഓഫ്ലാസം ഇൻ മെൻ ലിവിങ്ഡിൻബർഗ് സിക്സ് mithesage published cheedirikana mithesanu punar padichirignadu on the nature of neoplasm in man livingstone at edinburgh 1964 alle bammie aitu paranjuttunde there is no such thing as the cancer sir cell. only sir behaving in a manner arbitrarily defied as cancer This observation has been humbly indicated by many cancer-reducing, too. Iklai in itself has cancer under microscope. Manu Kotari and Lopameta. K.E.M. Medical College. That is the pathology in Gagath in the 11th century. That is the medicine of K.E.M. Medical College. അതിൽ എം ഡി കഴിഞ്ഞ് വൈദ്യശാസ്ത്രം ഒരു കോൺസ്പിരസിയാണെന്ന് പറഞ്ഞ് അതിനോട് എതിർത്ത് പതോളജിയിൽ എം എടുത്ത് ലോപ മേത്തയുമായി നേച്ചർ ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന രണ്ട് ഹോളിയാണ് ഭംഗിയായ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പബ്ലിഷ് ചെയ്ത് പേരെടുത്തൊരു ഡോക്ടറാണ് മനു കോട്ടാരി ആൻഡ് ലോക്ക മേത്ത പേര് കേട്ടിട്ടുണ്ടാവില്ല ജീവിച്ചിരിക്കുന്നയാളാണ് മെഡിക്കൽ കോളേജ് കേട്ടിട്ടില്ല രംഗത്ത് വളരെ തുഖ്യരഹമായ പഠനം അദ്ദേഹം നടത്തിയിരുന്നുണ്ട് അവര് സ്റ്റഡീസ് ഓഫ് ദിസ്റ്റോജെസിസ് ഓഫ് ഇൻഡ്യൂസ്ഡ് കോറിയോ മെഡിക്കൽ ജേണൽ സിക്സ് അതിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത് കുറെ ആളുകൾ ചേർന്ന് എഴുതാം എല്ലാം ജപ്പ ജാപ്പനീസ് നെയിമുകളാണ് പറയുന്നത് അവരുടെ പേരുകളാണ് തനാക്സി സൈക്കിൻസ് മിയാഷിത മിയൂറ ഒസേക്കി ഇവരെല്ലാം ചേർന്ന് നടത്തിയ നിർണായക പഠനങ്ങളാണ് സൂക്ഷ്മ ദർശനത്തിലൂടെ നിരുപദ്രവങ്ങളും മായ കോശങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ രണ്ടു തരത്തിലൂമറുകളെ പറയുന്നത് അവയെക്കുറിച്ചുള്ള പഠനങ്ങൾ രസാവങ്ങളായ സന്ദർഭങ്ങൾക്കിടം നൽകുന്നുണ്ട് ഉദാഹരണത്തിന് കൗശിക പഠനങ്ങളുടെ ഫലമായി ഹിസ്റ്റോളജിക്കലി നിരുപദ്രവകരങ്ങളായ മസ്തിഷ്ക വിദ്യഥികൾ തലയിലെ ട്യൂമറുകൾ നിരുപദ്രവകരങ്ങളായ ബനയൻ ജൈവശാസ്ത്രപരമായി ബയോളജിക്കലി മാരകങ്ങളാണ് മലിഗ്നൻ സൈക്കോളജിയിലൂടെ പോയി നോക്കിയിട്ട് സൈക്കോളജിസ്റ്റ് പറയും ബെനയൻ ട്യൂമാർ ഇപ്പുറത്തേക്ക് എത്തി ബയോളജിസ്റ്റ് നോക്കിക്കണ്ടാൽ ഉടനെ പറയും മലികനൻ ട്യൂമാർ ഏതെങ്കിലും ഒരാൾ മനികുനൻ്റ് ആണെന്ന് പറഞ്ഞു കിട്ടിയാൽ ഓങ്കോളജിസ്റ്റ് ചാടി വീടും നല്ലൊരു ഏറെ എവിടെയെങ്കിലും പോയി ഭേദായാൽ എന്നുള്ളത് എടുത്ത് പൊക്കി കാണി മനസ്സിലാക്ക പഴയ കണിഞ്ഞാന്റെ പണിയാണ് ഏ ആ അങ്ങനെയല്ല അതിനേക്കാളുളള വെണ്ണ ഗർഭിണിയാണ് ജ്യോതിഷയെ വിളിച്ചോണ്ടി വന്നു അതിൽ വീണ്ടുവന്നു കബടിയൊക്കെ വായി വെച്ചു ശരം വിട്ടു ഒന്ന് ഭംഗിയായിട്ട് മൂര്യർന്നിരുന്നു രണ്ട് ശ്ലോകം ചൊല്ലി അത് രഘുവംശത്തിന്നായിരിക്കും ചൊല്ലിയത് ജ്യോതിഷത്തിൽ നിന്നും ആയിരിക്കണം ഇല്ലെങ്കിൽ അപ്പുറത്ത് ഏർ കാളിദാസന്റെ മേശ സന്ദേശത്തിന്ന് തൊയ്യായം കൃഷിഫലം ഭൂമി രാസാനിജ്ഞല്ല കാരണം ഇരിക്കുന്നവന് സംസ്കൃതം ഒന്നും അറിയില്ല സംസ്കൃതത്തിൽ ചൊല്ലിയാൽ ശാസ്ത്രമാണെന്നുള്ളത് ഉറപ്പാണ് മനസ്സിലായില്ല അടിച്ച് ചൊല്ലിക്കഴിഞ്ഞു പറയും കണ്ണാണ് സംശയമില്ല ഇത് പെൺകുട്ടിയാണ് ഒരു ഓലയിൽ എഴുതിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് കോളിംഗ് തിരികെ ഒരു ചായ വേണോ അല്ലെങ്കിൽ വെള്ളം വേണമെന്ന് പറയും വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഇത് മോളിലോട്ട് തിരികും മനസ്സിലായില്ല വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്ന് പെണ്ണ് പ്രസവിച്ചു കഴിയുമ്പോ പെണ്ണാന്നാ പറഞ്ഞ ജനിച്ചത് അപ്പൊ കാർന്നോട് ചെല്ലും കണിയാര് താൻ പറഞ്ഞു കാശ് തന്നെ തിരിച്ചു തരൂന്നാണ് ദക്ഷിണയൊക്കെ മോള് പ്രസവിച്ചു ആൺകുട്ടിയാ താനല്ലേ പറഞ്ഞ പെൺകുട്ടിയാ കാശ് ഇനിയും വല്ലതും ഞാൻ വേണ്ടെന്ന് പറയാം കണിയാർ സത്യമേ പറഞ്ഞു കണിയാരുടെ കവടി സത്യമേ പറ കണിയാരോ കബടിയോ ഇന്ന് വരെ കള്ളം പറഞ്ഞില്ല എപ്പ ഇത് കള്ളമാണെന്ന് തെളിയുന്നു അന്ന് ഈ കവടി തഞ്ചി അടിയൻ കിണറ്റിൽ ചാട്ടി കാശിക്ക് പോകളി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്നറിയാം ഞാൻ അതുകൊണ്ട് അന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വരാം വന്ന ഓല എടുത്ത് കയ്യിലോട്ട് കൊടുക്കും പെണ്ണാണ് പ്രസവിച്ചെങ്കിൽ ഇയാൾ ചെല്ലുകേയില്ല ഓല എടുക്കുകയില്ല ഈ കണിയാൻ പരിണമിച്ച് ജനിച്ചു വന്നതായി നിങ്ങൾ ഒടുവിൽ തന്നെ തല്ലുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം ജൈവശാസ്ത്രപരമായി ബയോളജിക്കലി നിരുപദ്രവകരങ്ങളായ കോശശാസ്ത്രപരമായി മാരകങ്ങളാണ് മലിക്കുന്ന അൻപത് വയസ്സു കഴിഞ്ഞ പുരുഷന്മാരിൽ പലർക്കും കൗശിക മാരകങ്ങളായ പുരുഷഗ്രന്ഥിപരങ്ങളായ അർബുദങ്ങളുണ്ട് പലരും നോക്കിയാലും ഉണ്ട് അവരൊന്നും അർബുദല്ല വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ ഒരല്പം എന്ന് പറഞ്ഞാല് ഒരു അറുപത് ഗ്രാം എന്ന് പറഞ്ഞാല് ചെറുപഴുതിനെ പേരും വെൺവഴുതിനെ പേരും ഓരിലെ പേരും മൂവിലെ പേരും നാലെണ്ണേ ഉള്ളു ഒറിജിനൽ വേണം ലോക ഗ്രാം ചതച്ച് കിഴികെട്ടി ഒരു മുന്നൂറ് എം എൽ പശുവിൻ പാലിലേക്ക് ഇട്ട് ഒരു ലിറ്റർ വെള്ളവും ചേർത്ത് കാച്ചി പാലള ഒരു നൂറ്റമ്പത് എം വീതം രണ്ടു ദിവസം കഴിച്ച് പതിനഞ്ചു ദിവസം കഴിച്ചാൽ പി നോർമലാണ് മനസ്സിലായില്ല പി എസ് ഐ വെച്ചാൽ സ്പെസിഫിക് ആന്റിജൻ ആണ് പി ആ സ്പെസിഫിക് ആന്റിജന്റെ ഇളവ ലിമിറ്റിൽ കൂടിയാൽ സൈക്കോളജിക്കലി യോളജിക്കലി പൊതോളജിക്കലി ഒക്കെ പ്രോസ്റ്റേറ്റിന് മലിഗ്നൻ ട്യൂമർ ഉണ്ട് എന്ന് പറഞ്ഞ് ആദ്യം പേടിപ്പിക്കും ഒരു പതിനഞ്ച് ദിവസം കഴിച്ചിട്ട് വേറെ ടെസ്റ്റും എടുത്ത് തീർത്തു മാറി ഇനി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ടെസ്റ്റ് തെറ്റാണെന്നാണ് തോന്നുന്നത് താൻ കഴിഞ്ഞ് ഈ വല്ലിയും പടലിലും കൊണ്ട് മാറില്ല കാരണം ഇതൊക്കെ കഴിച്ച് ക്യാൻസർ മാറി പബ്ലിസിറ്റി ആയാൽ നമ്മുടെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് നിനക്ക് പണ്ടില്ലായിരുന്നു ഇതാണ് ഇതിന്റെ ലോകം ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവു അമ്പത് കഴിഞ്ഞ മിക്കവാറും പുരുഷന്മാരിൽ പലർക്കും കൗശിക ശാസ്ത്രപഠനമായ പരമായ മാരകങ്ങളായ പുരുഷഗ്രന്ഥിപരമായ അർഭുതമുണ്ട് എന്നാൽ ജീവശാസ്ത്രപരമായ അവ അല്പം പോലും ഉപദ്രവകാരികളല്ല അത് കണ്ടു പേടിക്കുകയും വേണ്ട ബയോളജിക്കലി ജയർ ബിനായി ചുരുക്കത്തിൽ അർബുദത്തിനൊരു കൊലപാതകയുടെ സ്ഥാനം നൽകി ഭയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ശാസ്ത്രത്തിന് സ്വയം രക്ഷകനാകുന്നതിന് കഴിയാതിരിക്കെ എന്തിനാണ് ഈ പ്രചരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ആയിരത്തി എല്ലാം അമേരിക്കയിൽ പൊടിപൊടിച്ച കച്ചവടം മറ്റു ദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് സുഖജീവിതം നയിക്കുന്നവന്റെ സൗഖ്യ സങ്കല്പങ്ങളെ തകർത്ത് അസ്വസ്ഥത പടർത്തുന്നതിന് ധനാത്മക ശാസ്ത്രവും സാഹിത്യവും കലയും മൺമറഞ്ഞ് പോവുകയും തൽസ്ഥാനത്ത് ഇരുണാത്മക ചോദനകളും ഋണാത്മക ശാസ്ത്രവും ഇരണാത്മക സാഹിത്യവും ഇരുണാത്മക കലകളും മാത്രം വളരുകയും അവയെ പുലുകി മാത്രം ഗവേഷണങ്ങൾ പുരോഗമിക്കുകയും മാനവധനാത്മകതയ്ക്ക് അംഗീകാരം നഷ്ടപ്പെടുകയും ചെയ്തത് ശാസ്ത്ര ലോകത്തും സാഹിത്യ ലോകത്തും കലാലോകത്തുമെല്ലാം വൈശ്യ സമൂഹം പിടിമുറുക്കി കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിന്റെ കാരണാന്വേഷിച്ച് ദൂരൊന്നും പോകണ്ട ഇന്ന് കലയും സാഹിത്യവും ശാസ്ത്രവുമെല്ലാം വൈശ്യന്റെ കയ്യിലാവിടുന്നു കളിക്കുന്നത് വൈശ്യന്റെ അന്തസാരവിഹീനങ്ങളായ ചെയ്തികൾക്ക് ശാസ്ത്രലോകവും കലാകാരന്മാരും സാഹിത്യകാരന്മാരും മതങ്ങളും സ്തുതിപാടി തുടങ്ങിയിരിക്കുന്നു ഇത് ലോകത്ത് വിനാശത്തിന്റെ കാർ മേഘങ്ങൾ വിണ്ടുകൂടുവാൻ ഇടയാകുന്നു അതിനെ തിരിച്ചറിയുന്നവന് രക്ഷപ്പെടാം പൈസ സമൂഹം എല്ലായിടത്തും ശക്തമായ പിടിയോടെ നിൽക്കുന്നതിന്റെ ലക്ഷ്യ ലക്ഷണങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് ഈ കാണുന്നത് അല്ലാതെ ശാസ്ത്രമല്ല ശാസ്ത്രീയവുമല്ല ഇന്ന് പ്രാഗർബുദങ്ങളിലേക്ക് കൂടി ശാസ്ത്രം കാലുകുത്തിയിട്ടുണ്ട് അർബുദത്തിന് മുമ്പ് പുതിയൊരു വളർച്ചയും വന്നിട്ടുണ്ട് സ്റ്റഡീസ് പ്രാഗർബുദ പഠനങ്ങൾ വിച്ച് ബി വിധ വൈറസുകളാണ് ഹ്യൂമൻ ചൈൽഡ് വൈറസ് ഹ്യൂമൻ പോപ്പുലമോ വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഹ്യൂമൻ ബർഡ് വൈറസ് ഇതിനെക്കുറിച്ചുള്ള പേടിപ്പിക്കലുകൾ വളരെ കൂടുതലാണ് എച്ച് പിറ്റും ഒന്നര ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ ആണ് വേണ്ടത് പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇവയെല്ലാം ക്യാൻസർ ആയിത്തീരുമെന്ന് പറഞ്ഞാണ് പേടിപ്പിക്കുന്നത് ഹ്യൂമൻ പാപ്പ്യൂരോമ വൈറസിൽ നിന്നാണ് സെർവിക്സ് ക്യാൻസർ ഉണ്ടാകുന്നത് ഹ്യൂമൻ പാപ്യുലോമ വൈറസിൽ നിന്ന് തന്നെയാണ് ാണ് ഈസോസിലെ ക്യാൻസറായി വളരുന്നത് ഇതിനാണ് ഈ അടുത്ത കാലത്ത് നോബൽ സമ്മാനം കിട്ടിയത് ഓർമ്മയുണ്ടാവും ഓർമ്മയുണ്ടാവും ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ ബുക്കുകളിൽ എവിടെയെങ്കിലും ക്യാൻസർ ബാധിച്ചതിനുള്ള മരുന്ന് എഴുതി വെച്ചിട്ടുണ്ടോ വിചിത്രമായ ഒരു സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എച്ച് പി വി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നോബൽ സമ്മാനം നേടുമ്പോൾ ഇന്നതിന് മരുന്ന് ആധുനിക വൈദ്യ ഗവേഷകന്മാർക്കില്ല സങ്കല്പിക്കുന്നതിന് മുമ്പ് നമ്മള് ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ഓർമ്മയുണ്ടാവും നിങ്ങളുടെ ബുക്കുകളിൽ തന്നെ കാണാം ഞാനിപ്പോ എഴുതിക്കൊണ്ടുവന്ന് വായിച്ചതല്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഈ രാജ്യം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതൊന്നും ഞാൻ കണ്ടുപിടിച്ചതുമല്ല ഇന്ത്യയിലെ പ്രമുഖ ഗ്രന്ഥങ്ങളിൽ ആയുർമ്മേദഗ്രന്ഥങ്ങളിലൊന്നും ഉള്ളതുമല്ല സ്ത്രീകൾക്ക് ക്യാൻസർ വരാതിരിക്കാൻ പ്രസവം കഴിഞ്ഞാലുടനെ ഏഴു ദിവസം ഭർത്താവിന്റെ അമ്മയോ സ്വന്തം അമ്മയോ അരിചേർത്തരച്ച് ചുട്ടുകൊടുത്തിരുന്ന ഒരു മരുന്നാണത് അസ്ത്രം എവിടം വരെ വികസിച്ചിരുന്നു അതൊക്കെ അശാസ്ത്രീയമാണെന്നും ഏതൊരു ടെസ്റ്റ് നടത്തുന്ന ആർക്കും മനസ്സിലാകാത്ത ഇംഗ്ലീഷിൽ എഴുതി ശാസ്ത്രമെന്നും നിങ്ങളുടെ വിട്ടിത്തമാണ് ഈ മരണത്തിന് മുകളിലുത്തരവാദം ചുരുക്കത്തിൽ നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ തന്തയും തള്ളയും അയച്ചത് മുതലാണ് ഈ നാട് കുടിഞ്ഞത് മാതിരി തല്ലിള്ളാവുന്ന ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അഞ്ചുമുണിയായി ഒരുമാതിരി അടിവുള്ളാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു അതുകൊണ്ട് പോയി നല്ലൊരു ആലോചിക്കുകയും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം പ്രാഗർഭുത പഠനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പ്രീ ക്യാൻസർ